അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്ത കാര്യങ്ങൾ കാരണം അവർക്കൊരു വിപത്ത് സംഭവിക്കാതിരുന്നെങ്കിൽ അവർ ഇപ്രകാരം പറയുമായിരുന്നു ഞങ്ങളുടെ രക്ഷിതാവെ അങ്ങ് ഞങ്ങളിലേക്കൊരു ദൂതനെ അയച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ ദൃഷ്ടാന്തങ്ങളെ പിന്തുടരുകയും വിശ്വാസികളിൽപ്പെട്ടവരാവുകയും ചെയ്യുമായിരുന്നു